ത്രിയോന്തരഹൃദയ ആക അസ്മയം പുരുഷോ മനോമയോ ഹിരൺമയതൂക്കെ സ്ഥന ഇവ അവലംബത്തെ സേന്ദ്രയോനിവർത്തേ വിപോഹേ ശീർഷകപാ ഭൂരിഗ്നി തിഷതി വായു സുരിയാദിത്യേ മഹൈതി ബ്രഹ്മണി ആപ്പോതി സ്വരാജ്യം ആപ്നോതി മനസുസ്പതിപ്പതിഷ് ശ്രോത്രപതൃവിജ്ഞാനപതി കശരീരം ബ്രഹ്മ സത്യാത്മപ്രാണാരാമം മനന്ദം ശാന്തിസമൃദ്ധമൃതം ഇതിചീനയുഗ്യൂപാസ് सत्य मूर्तामूर्तम स्पमं आवभा अ സത്യം മൂർത്താമൂർത്തം ഇവിടെ സത്യം എന്ന് പറഞ്ഞിരിക്കുന്നു മുഹൂർത്ത അമൂർത്തങ്ങളാണ് മുഹൂർത്തവും അമൂർത്തവുമായിരിക്കുന്നു പ്രകടമായിരിക്കുന്നതിന്റെ അമൂർത്തം ഇന്ദ്രിയ വിഷയമാകാതിരിക്കുന്ന അമൂർത്തം അതിന് ഇവിടെ സത്യമെന്ന് പറഞ്ഞിരിക്കുന്നു സ്വരൂപം ചത്മാ സ്വഭാവോ അസിയ തരിത സത്യാത്മ ഇവിടെ ഹിരണ്യഗർഭിനെ കുറിച്ച് പറയുകയാണ് ഹിരഗർഭന്റെ സ്വരൂപം അതെന്താണ് ആത്മാവാണ് സ്വഭാവോ അസ്യ അത് തന്നെ വിരാട് രൂപത്തിൽ സ്ഥിതി ശരീരം പ്രപഞ്ചശരീരനായിരുന്നു അതിൽ നിന്ന് വേറിട്ട് പിന്നെ പ്രപഞ്ചമുണ്ട് വിരാട് രൂപത്തിൽ നിന്ന് വേറിട്ടൊരു പ്രപഞ്ചമുണ്ട് അതുകൊണ്ടാണ് അതിന് ആവിധതം സത്യം എന്ന് പറഞ്ഞത് വിരാട് രൂപത്തിൽ അത് സത്യമാണ് മിഥ്യ എന്ന് പറയുന്നത് അത് നാമരൂപ ആത്മ സ്വഭാവവശ്യത്തിന് സത്യാത്മ അതാണ് അതിൻ്റെ സ്വഭാവം ഇവിടെ പറയുന്നത് സർവാത്മഭാവത്തെക്കുറിച്ച് പറയും ഉപാസനനും സർവാത്മഭാവത്ത് പ്രാപിക്കും ഭിരണ്യഗർഭൻ വിരാട് ഇതെല്ലാം സർവാത്മഭാവമാണ് ആത്മാവിന്റെ സർവാത്മഭാവം അതിനെ ഉപാസിച്ച് അതിനോട് താതാത്മ്യത്തെ പ്രാപിക്കുന്നവനും ആ സർവാത്മഭാവത്തെ പ്രാപിക്കുന്നു അവനെ സംബന്ധിച്ച് സർവവും സന്മയം സത്യം അസത്യം മിഥ്യ എന്നിങ്ങനെ ഉപകരണത്തിരിക്കാനുള്ള സർവവും സന്മയമായിരിക്കുന്നവന് മിഥ്യ സത്യാത്മാ അതവിന്റെ സ്വഭാവമായിപഞ്ചം മിഥ്യ എന്ന് പറയുന്നത് ഒരു തലത്തിലാണ് എല്ലാ അർത്ഥത്തിലും പറയുന്നത് അവിടെ മറ്റൊരു തരത്തിൽ പറയും ആ വിരാട് രൂപത്തിൽ നോക്കുമ്പോ സർവ്വവും സത്ത് തന്നെ സത്യനിന്ന് വേർതിരിക്കാനൊന്നുമില്ല മൃത്തിനിന്നും മൺപാത്രത്തെ വേർതിരിക്കാൻ കഴിയുന്നു മൃത്ത് സത്യമാണ് അങ്ങനെയാണെങ്കിൽ മൺപാത്രവും സത്യം തന്നെയെന്ന് പറയും എന്തുകൊണ്ട് അതിൽ നിന്നും അതിന് വേർതിരിക്കാൻ കഴിയാത്ത വേർതിരിച്ചൊന്നില്ല വേർതിരിച്ചില്ലാത്തതിനെങ്ങനെ അസത്യം എന്ന് പറയാൻ കഴിയും നിലനിൽക്കുന്ന ഒന്നിനെ സംബന്ധിച്ച് സത്യമെന്നെങ്കിൽ അസത്യം വിവരാൻ പറ്റും മണ്ണിൽ നിന്ന് പാത്രത്തെ വേർതിരിക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ വേറിട്ടൊരു അസത്യം അതില്ല അത് മൃത്സ്വരൂപം തന്നെ അപ്പോ സത്യമായി പാത്രവും സത്യമായി സത്യമായി മൃത്തായി അതുപോലെ പ്രാണാരാമം പ്രാണേഷും ആരമണം ആക്രീഡ യാമോ ആരാമോ യസ്മിൻ പ്രാണൻ ഭിരണിഗർഭൻ്റെ പേരാണ് പ്രാണൻ തലഭാഗത്ത് ഭിരണിഗർഭന പ്രാണൻ വിളിക്കുന്നു പ്രാണേഷു ആരമണം അതുപാസനന്റെ സ്വരൂപം തന്നെയായി മാറി അതുകൊണ്ട് അതിൽ അവൻ ആനന്ദിക്കുന്നു താനേതിനാണോ ഉപാസിച്ച് ഏതെന്തിനാണോ അവൻ താതാന്മ്യത്തെ പ്രാപിച്ചത് അതിലാണവന്റെ ആനന്ദം തസ്യത്ത് പ്രാണാരാമം പ്രാണാന ആരാമോ യസ്മിന്റെ പ്രാണാരാമം അല്ലെങ്കിൽ പ്രാണൻ ആനന്ദിക്കുന്നത് ഏതൊന്നിലാണോ അത് പ്രാണാരാമം അങ്ങനെയും പറയാം ആരാമം ആനന്ദം പ്രാണൻ പ്രാണോപാധിയായിരിക്കുന്ന ജീവൻ ആ ജീവൻ ഏതൊന്നിലാണോ ആനന്ദിക്കുന്നത് അങ്ങനെയും അർത്ഥം പറയാം അതവിടെ ആ ജീവൻ ആ ഹൃണ്യഗർഭനിൽ ആനന്ദിക്കുന്നു അന്യമായൊന്നിനും ആനന്ദിക്കുന്നില്ല എന്നറിയാം അതുപോലെ മന ആനന്ദം നമ്മുടെ മനസ്സും ആനന്ദത്തെ അനുഭവിക്കുന്നു അല്ലെങ്കിൽ ആനന്ദരൂപത്തിലായിരിക്കുന്നു ആനന്ദഭൂതം സുഖദേവയസ്യ മനത്തത്മന ആനന്ദം ഉപാസകൻ സുഖസ്വരൂപനായ ഹിരുണ്യഗർഭ ഉപാസിച്ച് അതിനോട് താതാന്യത്തെ പ്രാപിച്ചു മനസ്സ് അതിനോട് വിനയം പ്രാപിച്ചു മനസ്സെന്തിയുന്ന സുഖകൃദയവ യസ്യ മന ആനന്ദം മനസ്സ് ദുഃഖത്തെ കാരണം അവന് ആ പരമാത്മ മനസ്സിന് വിഷയമായിട്ട് സുഖകൃദേവ ദുഃഖത്തെ ഉണ്ടാക്കുന്നില്ല സുഖത്തെ മാത്രമേ നൽകുന്നുള്ളൂ മനഃഹത്വ മനാനന്ദം ആനന്ദത്തിൻ്റെ അഭിവ്യക്തി പ്രകടമായ ആനന്ദം ആത്മാനുഭവമായിട്ട് പറയും പലടും അതെല്ലാം ഉപാസനയുടെ ഫലമായി വരുന്ന ആനന്ദത്തെയാണ് പറയുന്നത് പ്രകടമായ ആനന്ദം എന്ന് പറയും അനുഭവവേദ്യമായിരിക്കുന്ന ആനന്ദം എന്ന് പറയുന്നു ഉപാസനാ ഫലമാണ് ആനന്ദസ്വരൂപത്തെ ഉപാസിക്കുമ്പോൾ മനസ്സാനന്ദത്തെ അനുഭവിക്കുന്നു ആനന്ദത്തെ ധ്യാനിക്കുമ്പോൾ ആനന്ദം അനുഭവിക്കുന്നു ശാന്തി സമൃദ്ധം ശാന്തിരുപശമ ശാന്തി സമൃദ്ധം ച ശാന്തി സമൃദ്ധം മായ ശാന്തി അത്യധികമായ ശാന്തി പൂർണ്ണമായ ശാന്തി അനുശാന്തി സമൃദ്ധം എന്തിനാണ് ശാന്തി എന്ന് പറയുന്നത് മനസ്സ് ഇന്ദ്രിയങ്ങൾ പ്രാണന്മാർ എല്ലാം വിക്ഷിപ്തമായിരിക്കുമ്പോൾ അതാണ് അശാന്തി ആ വിക്ഷിപ്ത അവസ്ഥ തന്നെ അശാന്തി അത് വ്യാപരിക്കുമ്പോൾ പ്രവർത്തിക്കുമ്പോൾ അവിടെ അശാന്തിയായിരിക്കും ഉപാസകന്റെ കർണങ്ങളും ഇന്ദ്രിയങ്ങളും എല്ലാം ഉപശമിക്കുന്നു ഉപാസ്യമായ ദേവതയിൽ ഉപശമിക്കുന്നു ഏകീഭവിക്കുന്നു ഉപശമനമാണ് ശാന്തി പ്രവർത്തിച്ചാൽ അശാന്തി പ്രവർത്തിക്കാതിരുന്നു കഴിഞ്ഞാൽ ശാന്തി മനസ്സിൽ ചലിച്ചു കഴിഞ്ഞാൽ ശാന്തിയായി വികൽപ്പങ്ങൾ മനസ്സിൽ വരുന്നതിനെ അശാന്തി ഉപാസന ബലം കൊണ്ട് മനസ്സ് വിലയിക്കുന്നു ഉപാസനയിൽ മനോലയമാണ് സംഭവിക്കുന്നത് ഇതൊന്ന് ശാന്തി സമൃദ്ധം ആ മനസ്സ് ശാന്തമായിരിക്കുന്നു ആ വിലയിക്കുന്ന മനസ്സ് തന്നെ സ്വയം ശാന്തമായിരിക്കുന്നു അതിൽ വൃത്തികളില്ല ഏകീഭവിച്ചിരിക്കുന്നു അമൃതം അമരണധർമ്മി ആ ജീവൻ ഉപാസ്യ ദേവതയോട് ഏകീഭവിച്ചു മരണം സംഭവിക്കുന്നില്ല അമരണധർമ്മി ഇതല്ല ഉപാസനയുടെ ഫലത്തെ പറയുന്നു ഉപാസനയുടെ ഫലത്തെ സ്തുതിച്ച് പറയുന്നു അത്ര ശ്രേഷ്ഠമാണ് ആ ഉപാസന അത് മുക്തി തന്നെയാണ് പിന്നെ ഉപാസനന്റെ ഫലം പറയുന്നതും അയാൾ മുക്തിനാണ് അതിന് ക്രമമുക്തി എന്നുള്ളത് പിന്നീട് മനുഷ്യജന്മത്തെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ജന്മത്തെ സ്വീകരിക്കുന്നു കൽപ്പാന്തം വരെ ആ ഹൃഗഗർഭനോട് ഏകീഭവനത്തിൽ കഴിയുന്നു കൽപ്പാന്തത്തിൽ മുക്തനാകുന്നു പിന്നീട് ശരീരം സ്വീകരിക്കുന്നില്ല അതുവരെയുള്ള അവസ്ഥ എന്താണ് അതാണ് ഇവിടെ പറഞ്ഞത് പ്രാണാരാമം മന ആനന്ദം ശാന്തി സമൃദ്ധം ഏതച്ച അധിക തരം വിശേഷണം തത്രയും മനോമയം ഇത്യാദോ ദൃഷ്ടവേ ഇവിടെ പറഞ്ഞ എല്ലാ വിശേഷങ്ങളും ആ ഒന്നിനെ കുറിച്ച് എന്നെ പറയുന്ന ഒന്നാണ് അഹിരണ്യഗർഭനെക്കുറിച്ച് പറയുന്നു അഹിരണ്യഗർഭൻ സ്വയം ഇങ്ങനെയാണ് അതിൽ എന്നെ ഉപാസിക്കുന്നവനും അങ്ങനെ ആയിരിക്കുന്നു ി വിശിം യഥോക്തം ബ്രഹ്മേനയോഗ്യാചാര്യവചനോത്തിനാദരാർ പ്രാചീന യോഗ്യനോട് പറയുകയാണ് ഇതിയത്വാദിധർമ്മ വിശിഷ്ടം യഥോക്തം ബ്രഹ്മ ഇവിടെ നിർഗുണബ്രഹ്മത്തെ ഈ പറയുന്നതെല്ലാം ബ്രഹ്മത്തിന്റെ വിശേഷണമാണ് പ്രാണാരാമം ശാന്തിസമൃദ്ധം അമൃതം ഇത്തരത്തിൽ ഉപാസിക്കുന്നു വിശേഷണം കൂടിയ ബ്രഹ്മത്തെ ഉപാസിക്കുന്നു ധർമ്മവിശിഷ്ടമായ ബ്രഹ്മത്തെ ഉപാസിക്കുന്നു ഇങ്ങനെ ഉപാസിക്കുന്നു അങ്ങനെ ഫലം പ്രാചീന യോഗ്യ ഉപാസാനന്ദം എന്നും മറ്റും പറയുന്നത് ഇങ്ങനല്ല എന്ന് പറയുകയെ ആ ഭാഗം വരുമ്പോൾ ഇവിടെ കൈക്കിരേക്ക് തന്നെ വ്യാഖ്യാനിക്കും അതിത്തരത്തിലല്ല ഇവിടെ അങ്ങനെയല്ല ധർമ്മവിശിഷ്ടമായി അതിന് ഉപാസിക്കും ഹിരണ്ഗൽഭനായും അന്തര്യാമിയായും ഏതെല്ലാം ഉപാധികളോടുകൂടിയാണോ അതിനെ വിശേഷിപ്പിക്കുന്നത് ആ തരത്തിൽ ഉപാസിക്കുന്നത് യോഗ്യ ഉപാസ്യത് ഉപാസന വിചാരത്തിന് അസമർത്ഥരായും ഉപാസനയിലും വിചാരം ആവശ്യമാണ് പക്ഷേ നിർഗുണ ബ്രഹ്മ തത്വമസി മഹാവാക്യർത്ഥമായിരിക്കുന്നു തത്വമസി മഹാവാക്യത്തിൻ്റെ ലക്ഷ്യാർത്ഥമായി പറയുന്നു ബ്രഹ്മത്തെ വിചാരം ചെയ്യുന്നതിന് അസമർത്ഥനായും അവന് കാരണത് നിർഗുണമാണ് നിരാകാരമാണ് നിർധർമ്മകമാണ് അതിന് വിചാരം ചെയ്യുന്നതിന് അശക്തനായതിന് ധർമ്മവിശിഷ്ടമായ ബ്രഹ്മത്തെ നിർദ്ദേശിക്കുന്നു ഉപാസിക്കുക അത് ആദരാർത്ഥ ആദരാർത്ഥം ഇവിടെ പ്രചരിക്കും ആചാര്യവചനവൃത്തി ആദരവിന് വേണ്ടി പറഞ്ഞിരിക്കുന്നു ആചാര്യനോടുള്ള ആദരവ് വിദ്യയോടുള്ള ആദരവ് അതിനെല്ലാം പ്രകടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നു ഇനിയും വീണ്ടും മറ്റ് തരത്തിലുള്ള ഉപാസനയെ കുറിച്ച് പറയും അഗ്നിർവായുരാദിത്യചന്ദ്രമാനക്ഷത്രോഷയോ വനസ്പതയ ആകാശ ആത്മാഭൂതം അഥ അധ്യാത്മം प्राणो अपान उदान समान പ്രാണോയാദസമാന ചക്ഷുശ്രോത്രം മനോ വക്മാസം അസ്നസ്തിമ എധായവോചക്തം വർ പാങ്ക്തേ ദൈവ പാങ്ക്തം സ് ഇവിടെ പറയുന്ന ഉപാസനയ്ക്ക് പറയുന്നത് പാങ്ക്തോപാസന അഞ്ചക്ക സംഖ്യയുള്ള ഇതിനെ പാങ്ക്വെന്ന് പറയുന്നു പഞ്ച എന്നാണ് പാങ്ക്വെന്ന് പറയുന്നത് ഏതേത് അവ്യാഹൃതാത്മകം ബ്രഹ്മോപാസ്യമുക്തം ഇതേത് വ്യാഹൃത വ്യാഹൃതികളിലൂടെ ബ്രഹ്മോപാസനയെ കുറിച്ചാണ് പറഞ്ഞത് ഓം ഭോ സ്വ മഹാദ്യാഹൃതി രൂപത്തിലുള്ള ബ്രഹ്മ എങ്ങനെ ഉപാസ്യമായിരിക്കുന്നു അത് പറഞ്ഞു തസ്താനി പൃഥിവിധി പാങ്ക്രൂപേണ ഉപാസനമുച്ചതി അതേ ബ്രഹ്മത്തെ തന്നെ പൃഥി വ്യാധി പാങ്ക്തരൂപത്തിലുള്ള അദ്ദേഹി രണ്യഗർഭന തന്നെ പങ്കരൂപത്തിൽ ഉപാസിക്കുന്നു ഉപാസനയ്ക്ക് ഒരു ക്രമവും നിയമവും വേണം ഉപാസിക്കുന്നതിന് ഇന്ന മാധ്യമം തന്നെ വേണമെന്നല്ല ഏത് രൂപത്തിൽ ഉപാസിക്കുന്നു അതാണ് ശിവലിംഗമായിട്ടോ എല്ലാം ഉപാസിക്കുന്നത് അതിന് ഉപായം മാധ്യമം ഏതിനെ സ്വീകരിക്കണം പക്ഷെ ഏതിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഉപാസനയ്ക്കൊരു ക്രമം അത് വേണം അതിൻ്റെ ഒരു രീതി വേണം അതിനുവേണ്ടി നിശ്ചിതമായ ചില തത്വങ്ങൾ സ്വീകരിക്കുന്നു ഉപാസനയ്ക്ക് അതാണ് ഈ പങ്കം എന്ന് പറയുന്നത് മുമ്പ് പറഞ്ഞ വ്യാഹൃതികൾ എന്ന് പറയുന്നത് പഞ്ചസംഖ്യായോഗ ഇവിടെ പങ്ക്തെന്ന് പറയുന്നത് പഞ്ചസംഖ്യായോഗങ്ങൾ അഞ്ച് പങ്ക് ഛന്ദ സമ്പദ് ഹി പതിഛന്തസ് പഞ്ചപാദ പഞ്ചപാദങ്ങളുള്ളതാണ് പങ്ക്തി എന്ന് പറയുന്ന ഛന്ദസ് അത് ശബ്ദങ്ങളിലുള്ള പ്രാധാന്യം വൈദിക ശബ്ദങ്ങൾ ഛന്തോബദ്ധമാണ് ഗായത്രി അനുഷ്ഠിക് ഉഷ്ണിക് ബൃഹതി തുടങ്ങി ധാരാളം ഛന്തസ്സുകൾ വേദത്തിൽ ഉപയോഗിക്കുന്നു വൈദിക ഛന്ദസ് വേദമന്ത്രങ്ങളിലെ ഛന്തസ്സിനുള്ള പ്രാധാന്യമുണ്ട് മന്ത്രം തന്നെ ഛന്ദസ്സിന്റെ പേരിൽ അറിയപ്പെടുന്നു ീ ആ മന്ത്രത്തിന് ആ പേര് വരാൻ തന്നെ കാരണം എന്താണ് ആ മന്ത്രത്തിന്റെ ഛന്ദസ് ഗായത്രി എന്ന് പറയുന്നത് ഛന്ദസിലാണോ അതുകൊണ്ട് പേര് വേണം അതിന് മന്ത്രത്തിൽ എങ്ങനെയാണോ സ്വരത്തിന് വർണ്ണത്തിന് എല്ലാം പ്രാധാന്യം വരുന്നത് അതുപോലെ ഛന്ദസിനും വേദത്തെ സംബന്ധിച്ചിടത്തോളം ഛന്ദസ് പ്രാധാന്യമുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ആ ഛന്തസ്സിനെ ആശ്രയിച്ചുമാകാം ഉപാസൻ ശബ്ദത്തെ ആശ്രയിച്ച് ഉപാസിക്കുന്നു ശബ്ദമാണ് വ്യാകൃതി രൂപത്തിലുള്ള ശബ്ദം ആ ശബ്ദത്തിന് പ്രാധാന്യമുള്ളത് കൊണ്ട് ശബ്ദത്തെ ആശ്രയിച്ചു ഉപാസൻ ശബ്ദത്തിലൂടെ ഉപാസിക്കുന്നു അതുപോലെ ഛന്ദസിന് പ്രാധാന്യമുള്ളത് കൊണ്ട് ഛന്തസിലൂടെ ഉപാസിക്കുന്നു അത് വേദത്തെ സംബന്ധിച്ച് പരിചയമുള്ളവർ വൈദികന്മാർക്ക് ഇതൊക്കെ സ്വാഭാവികവും സാധാരണവുമാണ് വേദം ഛന്തസ് സ്വരം ഇതുമായിട്ടൊന്നും പരിചയമില്ലാത്തവർക്ക് ഇത് അസ്വാഭാവികമായിട്ട് തോന്നും ഈ പറയുന്ന കാര്യങ്ങളല്ല വൈദികൻ വേദത്തോട് താതാന്യം പ്രാപിച്ചതാണ് സ്വയം വേദമായ അവനെ സംബന്ധിച്ചിടത്തോളം വേദത്തിൽ പരമപ്രാധാന്യമുള്ളതാണ് വേദത്തിന്റെ സ്വരത്തിനും ഛന്ദസ്സിനും അപ്പോ ആ ഛന്തസ്സിനൊരു പ്രാധാന്യം കാണാം വൈദികനെ പറ്റും ഒരു ലൗകികനെ സംബന്ധിച്ചിടത്തോളം വേദം ഛന്ദസ് അതിനൊന്നും വിശേഷിച്ചും അതിൽ അസാധാരണമായിട്ടൊന്നും തോന്നത്തില്ല അയാളോട് ഛന്തസ് ഛന്തസ്സിലൂടെ ഉപവാസിക്കുക എന്ന് പറഞ്ഞാൽ അതൊക്കെ ധരിക്കാൻ പ്രയാസമാണ് ഗ്രഹിക്കാൻ അത് പ്രയാസമാണ് ഇതെല്ലാം ആവശ്യപ്പെടുന്ന വൈദികന്മാരോടാണ് വേദം അധ്യയനം ചെയ്യുന്നവരോട് വേദ അധ്യയന ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഉപാസന എന്ന് പറയുന്നവരുടെ അധ്യയനം തന്നെ വേദാധ്യയനം തന്നെ ഉപാസനയാണ് വേദാധ്യയനത്തിൽ ആ താല്പര്യത്തെ ഗ്രഹിക്കുമ്പോൾ തന്നെ അത് ഉപാസനയായി മാറും മറ്റ് ലൗകിക ഉപാസനകളെപ്പോലല്ല ലൗകികോപാസന ധാരാളം ഒരു സമയം എന്തെങ്കിലും ഒരു ഉപാസനയ്ക്ക് വേണ്ടി മാറ്റിവെക്കുന്നു അത് ഉപാസന എന്ന് പറയും ഇതങ്ങനെയാണ് വൈദികനെ സംബന്ധിച്ച് മുഖ്യ കർത്തവ്യം വേദം തന്നെ വേദാധ്യയനം തന്നെ സ്വാധ്യായോ അധ്യേതയോ അടുത്ത് പറയും അപ്പൊ അധ്യയനം തന്നെ ഉപാസന ഇതെല്ലാം സഹജമായി വരുന്ന കാര്യങ്ങളാണ് അധ്യേതാവിന് എന്താണ് വ്യാഹൃതി എന്താണ് ഛന്തസ് ഇതിനെ കുറിച്ച് തന്നെ ശരിക്കും ധാരണയുണ്ട് അതുകൊണ്ട് അധ്യയനത്തിൽ അതിൻ്റെ താല്പര്യത്തെ ഗ്രഹിച്ച് അത് ഉപാസനയാണ് അതുപോലെ ശബ്ദോപാസനയുണ്ട് വേദശബ്ദത്തെ തന്നെ ഉപാസിക്കുന്നു അഥ പങ്ക്തത്വം സർവസ്യ അപ്പം ആ പങ്കിയിൽ കാണുന്ന പഞ്ചത്വം പങ്കിച്ചന്തസ് ആ പഞ്ചത്വത്തെ ആശ്രയിച്ച് ഉപാസിക്കുന്നു സർവസ്യ പങ്ക് യജ്ഞ യജ്ഞത്തിനുണ്ട് ആ പഞ്ചത്വം പറയുന്നുണ്ട് പത്നി യജമാന പുത്ര ദൈവ മാനുഷ വിത്താണ് യജ്ഞത്തിലെ പഞ്ചത്ത് യജമാനൻ യജ്ഞത്തിൽ മുഖ്യനാണ് പത്നി സമേതനായിട്ടാണ് യജ്ഞം ചെയ്യേണ്ടത് പുത്രൻ പുത്രാർത്ഥമായി ചെയ്യുന്നു യജ്ഞം അല്ലെങ്കിൽ യജ്ഞത്തിന്റെ പൂർത്തി ചിലപ്പോൾ പുത്രനിലൂടെ സംഭവിക്കണം കർമ്മങ്ങളിലൂടെ നേടുന്ന ദൈവവിത്തം പിതൃലോകവും പറ്റും ഉപാസനയിലൂടെ നേടുന്ന ദൈവവിത്തം ദേവലോകട്ട് അങ്ങനെ അതിലൊരു പഞ്ചത്വ പാങ്ക്ത പങ്ക്തി പങ്ക്തി ചന്ദസ് പഞ്ചപഥ പഞ്ചപാദങ്ങളുള്ളതാണ് പാങ്ക് യജ്ഞത്തിലുള്ളൊരു പഞ്ചത്വം ഇതിയത്സർവം ോകാതി ആത്മാന്തംയ പങ്കാത്മകം പ്രജാതിഥം പങ്കും പൃഥി പോലെയുള്ള ഭൂതങ്ങൾ അഗ്നി പോലെയുള്ള പദാർത്ഥങ്ങൾ പ്രാണന്മാർ ഇങ്ങനെ അഞ്ചായി നിർദ്ദേശിക്കുന്ന പലതുമുണ്ട് സ എന്ന് പറയാനുള്ള പഞ്ചഭൂതങ്ങൾ പഞ്ചേന്ദ്രിയങ്ങൾ പഞ്ചപ്രാണന്മാർ അതൊരു സവിശേഷതയുണ്ട് ഈ അഞ്ചഞ്ചായി പിരിഞ്ഞു നിൽക്കുന്ന ഭൗതിക വസ്തുക്കൾ അത് ഈ ജീവനോട് ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഈ ജീവനോട് ബന്ധപ്പെട്ടിരിക്കുന്നതിലുള്ള അവർ പഞ്ചത്വമുണ്ട് ഈ വഷ്ടിയിലെങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെ സമഷ്ടിയിലും ഉണ്ട് സൃഷ്ടിയിൽ സമഷ്ടിയിൽ ഭൗതികമായി എങ്ങനെയാണോ കാണുന്നത് അതുപോലെ വേദത്തിലുമുണ്ട് ആ പഞ്ചത്വം വേദത്തിൽ യജ്ഞത്തിലുണ്ട് ഛന്തസിലുണ്ട് അപ്പോൾ പ്രപഞ്ചത്തിൽ മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു ഐകരരൂപമുണ്ട് അഞ്ച് എന്നുള്ള തരത്തിലൊരു ഐകരരൂപ്യമുണ്ട് ഈ സമാനതയോടൊപ്പം ഇത് വാസ്തവത്തിൽ എന്താണ് ഇത് അവിരാടിന്റെ സ്വരൂപമാണ് ഈ പഞ്ചാത്മകമായിരിക്കുന്ന ഈ അതുകൊണ്ട് ആ പഞ്ചാത്മകമായിരിക്കുന്ന പ്രപഞ്ചത്തിലൂടെ വിരാട്ടിനെ ധ്യാനിക്കുന്നു തത്വജ്ഞാനത്തിൽ ഇതിനെ നിഷേധിക്കും ഇത് നാമരൂപാത്മകമായി നിഷേധിക്കും ഉപാസനയിൽ ഇതിലൂടെ പ്രജാപതിയെ കൽപ്പിക്കുന്നു ഉപാസിക്കുന്നു േനെ ഈ സർവ ലോകാധ്യാത്മാ എന്താ ഇനി ഇവിടെ പറയുന്നു പങ്കാത്മകം പഞ്ചരൂപത്തിലിരിക്കുന്നു അതിലൂടെ പ്രജാപതി അഭിസംബ്യത ആ പ്രജാപതിയെ ധ്യാനിക്കുന്നു തത്കഥം പാങ്ക് തം സർവമിത്യത എങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിൽ അങ്ങനെയൊരു പഞ്ചത്വം പൃഥിവി അന്തരീക്ഷം ലോകപാംഗുത്തം ഇതിന് ലോകപാങ്ക്തം എന്ന് പറയും പൃഥിവി അന്തരീക്ഷം ദിശകൾ ദിശകൾക്ക് മധ്യത്തിൽ വരുന്ന അവാന്തര ദിശകൾ ഇത് ലോകപാങ്ക്തം എന്ന് പറയുന്നു അഗ്നിർവായുരാദിത്യ ചന്ദ്രമാ നക്ഷത്രാണി ദേവതാപാങ്ക് പൃഥ്വിയാദികളിൽ പ്രാധാന്യം പദാർത്ഥങ്ങൾക്കാണ് അതുകൊണ്ട് തന്നെ ലോകപാങ്ക്തം എന്ന് പറഞ്ഞു അഗ്നിയാദികളിൽ പ്രാധാന്യം ദേവതകൾക്കാണ് അതുകൊണ്ട് ദേവതാ എന്ന് പറഞ്ഞു അഗ്നി വായുരാദിത്യ ചന്ദ്രമോഹൻ നക്ഷത്രാണ് ആപ ഓഷതയോ വനസ്പതി ആകാശ അഗ്നേദി ഭൂതപാങ്ക്തം അപഹ ഓഷധി വനസ്പതി ഓഷധികൾ ഓഷത ഫലപാകാന്ത ഫലമുണ്ടായും നിശ്ചിച്ച് പോകുന്നു അങ്ങനെയാണ് ഓഷധി എന്ന് പറയുന്നത് നെല്ല് വാഴ ഇതെല്ലാം ഫലമുണ്ടായാലും നിശ്ചിച്ച് പോകുന്നു മറ്റ് സസ്യങ്ങൾ ആകാശ ആത്മ ഭൂതപാങ്ക്തം ആത്മീയതി വിരാട് ഇവിടെ ആത്മാന്ന് പറയുമ്പോൾ ആ വിരാട് പുരുഷനെടരുന്നു ഭൂതാധികാര ഭൂതങ്ങളെ കുറിച്ച് പറയുന്നത് കൊണ്ട് ആ ഉപാധിയോട് കൂടിയിരിക്കുന്നത് അതിഭൂതം അതിലോക അതിദൈവത പാംഗ്ലയോ ഉപലക്ഷണാർത്ഥം ലോകദേവതാ പാങ്ക്തയോ അഭിക ഇത് അതിഭൂതം എന്ന് പറയുന്നത് ഭൂതത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള അടുത്ത അധി ലോക അതിദേവതാ പറയുന്നുണ്ട് അത് അധ്യാത്മം ഇതാധിഭൂതം അതിനുപ് പറഞ്ഞത് അധി ലോകം പൃഥ്വി അന്തരീക്ഷം ദുർദിശ ഓാന്തരദിശ ലോകത്തെ കുറിച്ച് പറയണം അഗ്നിർ വായുരാദിത്യ ചന്ദ്രമാ നക്ഷത്രാണ് ആപോഷതയോ വനസ്പതി ആകാശാത്മാഅിഭൂതം ഇവിടെ അധിഭൂതം എന്ന് പറഞ്ഞതുകൊണ്ട് പറഞ്ഞത് അധി ലോകത്തെ കുറിച്ചാണ് അടുത്ത അധാധ്യാത്മം പ്രാണോ സമാൻ ഇത് വൃഷ്ടിയിലുള്ള അഞ്ചത്തിനെ കുറിച്ച് പറയുന്നു പ്രാണാപാന വ്യാനുദാന സമാൻ ചക്ഷുശ്രോത്രം മനവാക്തോ ക്ഷു ശ്രോത്രം മനസ് വാക്ക് തൊക്ക് ചർമ്മം മാംസം അസ്ഥി മജ്ജ ധാതുക്കളെ കുറിച്ച് പറയുന്നു ചു ശ്രോത്രം മനോവാക്ച് ചർമ്മ മാംസം അതി മജ്ജ ഇതഞ്ച് ഇതിന് പന്ത് ഉപാസന എന്ന് പറയുന്നു അപ്പോ അധിലോകം അതിഭൂതം അധ്യാത്മ ഇതെല്ലാം വിരാടിന്റെ ഉപാധിയായിരിക്കുന്നു ഇതിനെയെല്ലാം വിരാടിന്റെ ഉപാധിയായി കണ്ടുകൊണ്ട് വിരാടിനെ ധ്യാനിക്കുന്നു പറഞ്ഞത് പ്രകാരാന്തരേണ ഹിരണ്യഗർഭാസന ഇതും ഒരു തരത്തിലുള്ള ആ ഹിരണ്യഗർഭാസനാണ് നഥാനന്തരം അധ്യാത്മം പാങ്കക്രമിച്ചത് പ്രാണാദി വായുപാങ്ക്തം പ്രാണവ്യാനപാന ഉദാന സമ്മാനം ചുരാദി ഇന്ദ്രിയ പാങ്ക്തം ചക്ഷുശ്രോത്രം മനവാക്വർ ഇതും സർവം അധ്യാത്മം ഈ പറഞ്ഞതന്നെ ആധ്യാത്മികമാരീര സംബന്ധിയായിട്ടുള്ളതാണ് ജീവ ശരീര സംബന്ധിയായിട്ടുള്ളതാണ് ബാഹ്യ പാങ്കം എന്ന ഇതിനെല്ലാം അഞ്ചഞ്ചായി കല്പിച്ചിട്ട് ഋഷി വേദ യത ദർശന sambandhno vakacit ഋഷി അവചദ തമാം ഋഷി യുപാസ ലയोडുകൂടിയൊരു ഋഷി ഇതുപാസനയ്ക്ക് വേണ്ടി നിർദ്ദേശിച്ചിരിക്കുന്നു കിമിത്യഹ പാങ്കംമായിദം സർവവും പാങ്കതേവ അന്തർമികേന സംഖ്യാസാമന്യ പാങ്കം ബഹിം സ്പ്രണോദി विलयധി പൂർയേ ഇതി ഏകাত্মതയ ઉપलब्ധിതൈത്യത എന്താണ് ഉപാസന കൊണ്ട് ഉദ്ദേശിക്കുന്നത് പങ്ക്തം വ ഇതം സർവം ഈ ആധ്യാത്മികമായി ശരീരത്തിലുള്ള ഈ അഞ്ച് അഞ്ച് എന്നുള്ളത് ഇതിനെല്ലാം അഞ്ചായിട്ടെടുക്കാം പങ്ക്തം വം സർവം ഈ ആധ്യാത്മികമായിട്ടുള്ള ഏത് പ്രാണാപാനാദികൾ അഞ്ചഞ്ചായിട്ടുള്ളത് ഇതിന് പാങ്തം എന്ന് പറയുന്നു അഞ്ച് പാങ്ക്തേനെയോ ആധ്യാത്മികേന സംഖ്യാ സാമാന്യ പാങ്തം ബാഹ്യം ഇതുകൊണ്ട് ബാഹ്യമായ പാങ്ക്തം ബാഹ്യമായതാണ് ആദ്യം പറഞ്ഞത് പൃഥി വ്യാധികളെക്കുറിച്ച് പറഞ്ഞത് സ്ഫണോതി ബലയതി പൂരേതി ഏകാത്മതയോപലഭ്യത എത്തിയത് ഇതും അതും ഒന്നാണ് എന്നാണ് പ്രത്യക്ഷമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇത് ഈ വഷ്ടിയിൽ ഈ അഞ്ച് എന്ന് പറയുമ്പോൾ ശരീരം മുഴുവൻ ഉൾപ്പെട്ടത് ഇതിന് ബാഹ്യമായി കാണുന്ന ഈ അഞ്ചുമായിട്ടെന്താ ബന്ധം സാധാരണ പൊതുവെ പറയുന്നത് എന്താണ് പഞ്ചഭൂതാത്മകമാണ് പ്രപഞ്ചം ശരീരം പഞ്ചഭൂതാത്മകമാണ് ീ ശരീരം പഞ്ചഭൂതാത്മകമായ ഈ ശരീരത്തിന് പഞ്ചഭൂതാത്മകമായി പ്രപഞ്ചവുമായിട്ട് എന്താ ബന്ധം പറയുന്നു ഏകാത്മതയോപലഭ്യത ഇത് രണ്ടു കൊന്നു തന്നെയാണ് പഞ്ചഭൂതാത്മകമായ ഈ ശരീരം പഞ്ചഭൂതാത്മകമായി പ്രപഞ്ചത്തിൽ നിന്നും വേറല്ല എങ്ങനെയത് വേറെല്ല രണ്ടും ഒരേ വിരാടിന്റെ ഭാവങ്ങളാണ് ഏകാത്മതയ ഉപലഭ്യത ഇതൊന്നാണ് ഈ ശരീരം ഈ പ്രപഞ്ചം ഒന്ന് തന്നെ എന്ന് പറയുന്നതിന് പേരും ഈ ശരീരത്തിലെ ഓരോന്നിനെയും പ്രാണൻ ഇന്ദ്രിയങ്ങൾ ധാതുക്കൾ ഇതിനെയെല്ലാം വെവ്വേറെ പറഞ്ഞു എന്നിട്ട് ഈ പ്രപഞ്ചത്തിലെ ഘടകങ്ങളെ കുറിച്ച് പറഞ്ഞു പറഞ്ഞിട്ട് പറയുന്നു പങ്ക്തനൈവം ഇതുകൊണ്ട് അതിനെ പൂർണ്ണമാകുന്നു ഇത് അതിനെ പൂർണമാകുന്നു ശരീരത്തിന്റെ ഘടകങ്ങളായിരിക്കുന്ന ഇത് പ്രപഞ്ചത്തിന്റെ ഘടകങ്ങളായിരിക്കുന്ന ഇവയോ പൂർണ്ണമാകുന്നു ഇതൊന്നായിരിക്കുന്നു പാങ്ക്തമിതം സർവം ഇതിയോ വേദ അപ്പോൾ സർവവും പഞ്ചാത്മകമായിരിക്കുന്നു സപ്രജാപത്യാത്മീവഭവതി എന്നുപാസിക്കുന്നവൻ ഈ ശരീരവും ബാഹ്യമായ ശരീരവും രണ്ടും ഏകത്വത്തെ കാണുന്നവൻ വിരാട് രൂപത്തെ കാണുന്നവൻ എന്നുള്ളത് ഇതിന്റെ ഏകത്വം കാണുമെങ്കിൽ എന്ന് വേണം വിരാട് രൂപത്തെ കാണുന്നവൻ കാരണം ഒരു ജീവനെ സംബന്ധിച്ചിടത്തോളം ഭേദദൃഷ്ടിയാണ് അവൻ ഈ ശരീരം വേറെ അന്യ ശരീരം വേറെ പ്രപഞ്ചം വേറെ എന്നാണ് അവൻ്റെ അനുഭവം പക്ഷെ വാസ്തവത്തിൽ ഇതൊന്നാണ് ഇത് വെവ്വേറെ അനുഭവപ്പെടുന്നതുകൊണ്ട് ഇത് പഞ്ച പഞ്ചാത്മകമായിരിക്കുന്നുണ്ട് അതാണ് അതിൻ്റെ പൃഥദ്ഭാവം ഓരോന്നും വേറെ പേരധിക്കുന്നു പ്രണാതിരൂപത്തിൽ ഇന്ദ്രിയ രൂപത്തിൽ ധാതുരൂപത്തിലൊക്കെ ഇരിക്കുന്നു അപ്പോൾ ഈ ഭേദം എന്ന് അനുഭവമാണ് പ്രത്യക്ഷമായ അനുഭവമാണ് ആ ഭേദം തന്നെ ബാഹ്യമായും കാണുന്നു അപ്പൊ ആ ഭേദത്തെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ അഞ്ച് അഞ്ചെന്ന് വെവ്വേറെ പറഞ്ഞത് ആ ഭേദം അനുഭവമാണ് ഉപാസകനാണെങ്കിലോ ഇതിനെ അഭേദമായി കാണുന്നു പ്രജാപത്യാത്മാ പ്രജാപതി സ്വരൂപത്തിൽ തന്നെ അവൻ ഉപാസിക്കുന്നു ഇതെല്ലാം ഇതെല്ലാം പ്രജാപതിയുടെ ശരീരമാണ് വിരാട് ശരീരമാണ് വിരാട് ശരീരം ഒന്നും എന്താ പറയുന്നു ആ വിരാട് സ്വരൂപം തന്നെ അവിടെ വിരാടിന്റെ ശരീരം രണ്ടായി വേറെ തിരിക്കാൻ വയ്യ ഇത് വെവ്വേറെ അനുഭവപ്പെടുന്നുണ്ടെങ്കിലും ഇതിന് ഏകാത്മതയ ഉപലബ്യത ഏകരൂപത്തിൽ ഉപാസിക്കുന്നു ഉപാസന അനുഭവപ്പെടുന്നു അങ്ങനെ ഉപാസനയ്ക്ക് ക്രമം പറഞ്ഞതാണ് ഒരു ലൗകികമായ മനസ്സിന് പരിചയമുള്ള ക്രമമുണ്ടാവും ഒരു വൈദികന് മനസ്സിലാകുന്ന ഒരു ക്രമം അതാണീ പറഞ്ഞത് വേദാധ്യയനം ചെയ്യുന്നവനോ വൈദിക സംസ്കാരമുള്ളവനോ ഇത് എളുപ്പം ഗ്രഹിക്കാൻ കഴിയും അവൻ ഈ ശരീരത്തിന്റെ പഞ്ചത്വവും പ്രപഞ്ചത്തിന്റെ ഈ പഞ്ചത്വവും ഏകമായി കാണും ഇതെങ്ങനെ ഏകമാകും ഇതിനാധാരമായൊരു ചൈതന്യമില്ലാതെ ഏകമാകത്തില്ല അതുകൊണ്ട് ഇതിന്റെ ഏകത്വം അവൻ പ്രജാപതിയിലൂടെ കാണും ഇതെല്ലാം ആ പ്രജാപതി സ്വരൂപം തന്നെ അതിന് തന്നെയാണ് ഹിരണ്യഗർഭൻ വിരാട് അന്തര്യാമി എന്നെല്ലാം പറയുന്നത് ഏകാത്മതയോപലബ്യത യുവം പാങ്കം സർവമിത് യവഭേദ ഇത് സർവവും സർവമെന്ന് പറയുമ്പോൾ ഈ ശരീരം ഭാഗ്യമായി കാണുന്ന ഈ പ്രപഞ്ചം പഞ്ചാത്മകമായി അനുഭവപ്പെടുന്ന സർവവും സപ്രജാപത്യാത്മാവോ ഭവതി അത് സർവാത്മഭാവം പ്രജാപത്യാത്മാ എന്ന് പറയുന്ന എന്താണ് സർവാത്മഭാവം ഇതിന്റെ ഏകത്വത്തെ ബാഹ്യവും തന്നിനെ വിരിക്കുന്ന ഈ ഏകത്വത്തെ ഏതെങ്കിലും തരത്തിൽ കാണാൻ കഴിഞ്ഞ എന്നുമുള്ള ഒരു ഏകത്വത്തെ കാണാം കാരണം വസ്തുക്കളെല്ലാം വിഭിന്ന സ്വഭാവത്തിലായിരിക്കുന്നു ശരീരം ഒരു തരത്തിലിരിക്കുന്നു മറ്റൊരു ശരീരം വേറെ തരത്തിലിരിക്കുന്നു പ്രപഞ്ചം നാനാരൂപത്തിലിരിക്കുന്നു ഇതിലേതെങ്കിലും ഒരു സമാനത കണ്ടെത്തണം ആ സമാനതയാണ് ഇവിടെ പറഞ്ഞ പഞ്ചത്വം അല്ലെങ്കിൽ വിഭിന്നങ്ങളായിരിക്കുന്ന ഇതിൽ എങ്ങനെ ഏകാത്മത്വം വരും അപ്പോൾ ഉപാസനയുടെ രീതി അതാണ് ആ ഏകാത്മ ആ പഞ്ചത്വ സമാനതയിൽ ഇതിന്റെ ഐക്യത്തെ അവൻ ഉപാസിക്കുന്നു ഇത് സർവവും ഈ പങ്കെ പങ്കിരിക്കൂപത്തിലിരിക്കുന്നു എന്നു ഉപാസിക്കുന്നവൻ സപ്രജാപത്യാത്മാതി അവൻ പ്രജാപതി രൂപത്തിൽ തന്നെ ആയിത്തീരുന്നു സ്വരൂവുമായി തീരുന്നു പൃഥിന്തരിക്ഷം ജോർദിശോ അവാതരദിശ അഗ്നിർവായുരാദിത്യചന്ദ്രമാനക്ഷണി ആപ ഓഷധയോ വനസ്പതയ ആകാശ ആത്മാഭൂതം അഥ അധ്യാത്മം പ്രാണോവ്യുവാദമാന ചക്ഷശ്രോത്രം മനോവാക്രമ മാംസം സ്നവാസ്തി മജ്ജിവിധായോചക്തം വർ പേവം സ്ഫോത്തീതി പിന്നീട് എടുത്തു വീണ്ടും ഓങ്കാരടുപ്പത്ര ഉപാസനെ കുറിച്ച് പറയും ഓമിതി ബ്രഹ്മ ഓമിതി ഇതം ഓമിത്യേക അനുപതൃഭസ്മവാശ്രാവയ ഓമതി സാമാനി ഗായീ ഓം സ്യോമിതി ശസ്ാ ശംസരുതികരം പ്രതിഗൃണതി ഓമതി ബ്രഹ്മ പ്രസൗതി ഓമിഹോത്രമുജാതി ഓമതി ബ്രാഹ്മണ പ്രവക്ഷി ൃതിരൂപത്തിലുള്ള ഹിരണ്യകർ ഉപാസനയെ കുറിച്ച് പറഞ്ഞു അനന്തരഞ്ച പാങ്കസ്വരുപേണ തസേ ഉപാസനം അടുത്ത് പങ്ക്തരൂപത്തിൽ ആ ബ്രഹ്മത്തിൻ്റെ ഉപാസനയെ കുറിച്ച് പറഞ്ഞു പങ്ക്തരൂപത്തിൽ അനുപാസ പഞ്ചാത്മകമായി അനുപാസിക്കുന്നു ഇതാനീ സർവോപാസന അംഗഭൂത ഓങ്കാരസ്യ ഉപാസനം വിധിച്ചത് ഇനി അടുത്ത് സർവോപാസനകളുടെയും അംഗഭൂതമായിരിക്കുന്നു മറ്റ് ഏതുപാസനയ്ക്ക് ഇതേയും ഭാഗമായിരിക്കുന്നു ഓങ്കാരോപാസന അതിന്റെ ഉപാസനയെ ഇവിടെ വിധിക്കുന്നുാപ്തി സാധനം പരാപരബ്രഹ്മദൃാസ്യമാന ഓങ്കാര പരാപര ബ്രഹ്മമായി രണ്ടു തരത്തുന്നു ഓങ്കാരത്തെ പരബ്രഹ്മമായിട്ടും അപരബ്രഹ്മമായിട്ടും ഉപാസിക്കും ധ്യാനിക്കാം ഓങ്കാരം ശബ്ദം മാത്രം അത് കേവല ശബ്ദമാണെങ്കിലും കേവല ശബ്ദമാണ് ഓം എന്ന് പറയുന്നത് ഉച്ചരിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന ശബ്ദമാണ് ആ കേവല ശബ്ദമായിട്ട് കൂടി അത് പരാപര സാധനം ഭൂമി അതിന് ഉപാസനയ്ക്ക് ഉപയോഗിക്കുമ്പോൾ അത് ഉപായമായി തീരുന്നു സഹി ആലംബനം അത് പരാപരത്തിനാലും പരാപരബ്രഹ്മത്തിന്റെ ഉപാസനയ്ക്ക് അത് ആലംബനമായിരിക്കും വിഷ്ണുവിന്റെ ഉപാസനയ്ക്ക് എങ്ങനെയാണോ പ്രതിമ ഉപയോഗിക്കുന്നത് പ്രതിമ എന്ന വിഷ്ടം പക്ഷെ ആ പ്രതിമയിലെ ഉപാസനയിലൂടെ വിഷ്ണുവിനെ വിഷ്ണുവിനെ സാക്ഷാത്കരിക്കുന്നു അതുപോലെ കേവലം ശബ്ദമായിരിക്കുന്നു ഈ ഓങ്കാരത്തിന്റെ ഉപാസനയിലൂടെ പരാപര ബ്രഹ്മപ്രാപ്തി സംഭവിക്കുന്നു ആയത്തനെയ ഏകതരം അന്യ ഏകതരം ഒന്നിനെ പരബ്രഹ്മമോ അപരബ്രഹ്മോ ഒന്നിനെ ഇതുകൊണ്ട് തന്നെ ഈ ആലംബനം കൊണ്ട് തന്നെ പ്രാപിക്കാൻ കഴിയും എന്ന് ശ്രുതിയിലും പറഞ്ഞിരിക്കുന്നു ഇതി ശബ്ദ സ്വരൂപ പരിച്ഛേദാർത്ഥം ഒരു ശബ്ദത്തിനോടുകൂടി ഈതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശബ്ദത്താഗ്രഹിക്കുന്നു അതാണ് ഇനിയോ അഗ്നി രീതി ആഹാ എന്ന് പറഞ്ഞാൽ അഗ്നി എന്ന് പറഞ്ഞൊന്നാണ് എന്ന് പറഞ്ഞാൽ അഗ്നി എന്ന് പറഞ്ഞാൽ ശബ്ദത്തെ കേവലം അഗ്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെയും അർത്ഥത്തെ അഗ്നി എന്ന് പറയുന്ന വസ്തുവിനെ പക്ഷെ ഇത്തി ശബ്ദം ചേർത്ത് കഴിഞ്ഞാൽ അർത്ഥത്തെ അല്ല ശബ്ദത്തെ ആഗ്രഹിക്കുന്നു അതുപോലെ ഓം ഇത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഓമിന്റെ അർത്ഥത്തെ ലടുകയുള്ള ശബ്ദത്തെ സ്വരൂപ പരിച്ഛേദാർഥ ശബ്ദ സ്വരൂപത്തെ ഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് ഓമിത്യേത് ശബ്ദസ്വരൂപം ബ്രഹ്മേദി മനസാധ്യായീ തുസീത ഓം എന്ന് പറയുന്ന ശബ്ദത്തെ ബ്രഹ്മമാണെന്ന് മനസ്സുകൊണ്ട് ധാരയെ ഉപാസിക്ക ഉപാസിക്കുക ധ്യാനിക്കുക എങ്ങനെയാണോ നേരത്തെ പങ്ക്തം അതാണ് വിരാട് എന്ന് ഉപാസിച്ചത് ഈ പങ്ക്താത്മകമായ ഈ വഷ്ടിയും സമഷ്ടിയും അത് ആ വിരാട് പുരുഷനാണ് അല്ലെങ്കിൽ ഭൂർഭുസ്വഹ രൂപത്തിലുള്ള ഈ വ്യാഹൃതികൾ ഉദാഹരണികൾഭനാണ് എന്ന് ധ്യാനിച്ചതുപോലെ ഓം ഈ ശബ്ദം വിദാഹിരണ്ഗർഭനാണ് എന്ന് മനസ്സാ ഉപാസിക്ക മനസ്സുകൊണ്ട് ഉപാസിക്കുക അതാണ് ഓങ്കാരോപാസ യഥാ ഓം ഇത് ഇതം സർവം സർവം ഹി ശബ്ദ സ്വരൂപം ഓങ്കാരേണ വ്യാപ്തം ഇത് മാണ്ഡൂക്യത്തിൽ ചർച്ച ചെയ്താണ് സർവശ്ദവും ഓങ്കാരത്തെയാൽ വ്യാപിക്കപ്പെട്ടിരിക്കുന്നു സർവശബ്ദവും ഓങ്കാരം മൂലകമാണ് സർവശബ്ദങ്ങളും ഓങ്കാരത്തിൽ നിന്നും പ്രകടമായി തദ്ധാശങ്കുനായി സത്യാന്തരം പറഞ്ഞിട്ടുണ്ട് എന്താണ് ഒരു ഇലയിൽ എങ്ങനെയാണോ അതിൻ്റെ സ്ഥിരകൾ വ്യാപിച്ചിരിക്കുന്നത് അതുപോലെ സർവ്വ ശബ്ദങ്ങളും ഓങ്കാരത്യാൻ വ്യാപിച്ചിരിക്കുന്നു അഭിധാനം ഹി അഭിധേയം ഇത്യ ഇതും സർവം ഓങ്കാരയിപ്പിച്ചത് അഭിധാനം ഹി അഭിധേയം അഭിധാനം ശബ്ദം അതിനധീനമാണ് അഭിധേയം അർത്ഥം പാണ്ഡവുദ്ധത്തിൽ വിശദീകരിച്ചാണ് ഓങ്കാരത്തിച്ചതുകൊണ്ടാണ് ഇത് സർവം ഓങ്കാരമാണ് ഓമിത്യത് ദക്ഷനം ഇതം സർവം തസ്യപ്യാഖ്യാനം അവിടെ ഇത് വിശദമായി പറഞ്ഞതാണ് ഓങ്കാര സ്തുത്യർത്ഥം ഉത്തരഗ്രന്ഥ ഉപാസ്യത്വസ്യം ഇനി പറയുന്നത് ഓങ്കാരത്തെ സ്തുതിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതിൻ്റെ പ്രാധാന്യത്തിന് വേണ്ടിയിട്ടാണ് അതാണ് ഇവിടെ ഉപാസ്യമായിരിക്കുന്നത് ഓങ്കാരത്തെ തന്നെ ഉപാസിക്കുന്നു ഓങ്കാരം തന്നെയാണ് ബ്രഹ്മം എന്ന് വാസിക്കുന്നു അതുകൊണ്ട് അതിന് പ്രാധാന്യമുണ്ട് എന്താണ് അതിൻ്റെ പ്രാധാന്യം എവിടെയൊക്കെ അതിന് പ്രാധാന്യം വരുന്നു ലോകത്തിനെന്ത് പ്രാധാന്യം വരുന്നു വേദത്തിനെന്ത് പ്രാധാന്യം ൗകികമായും ഓങ്കാരത്തുപയോഗിക്കുന്നു ഓങ്കാരം പരബ്രഹ്മവാചകമായിട്ട് മാത്രമല്ല എന്ന് പറയുന്നത് ലോകത്തിൽ അനുകൃതിയായി അനുകരണമായി അനുജ്ഞയായിട്ട് ഉപയോഗിക്കുന്നതാണ് കരോമി റതം ഓമിത്യുകോട്ടെ എന്നാണ് എന്റെ അർത്ഥം ലൗകികമായി ഓം പ്രയോഗിക്കുമ്പോൾ അതാണ് അനുദാനം പറയുന്നു കരോമി ഗുരുവൺ പറയുന്നു കരോമി ഞാൻ ചെയ്യുന്നു എന്നു വെച്ചാൽ ചെയ്യട്ടെ യാസ്യാമി പോകട്ടെ പൊയ്ക്കോട്ടെ എന്ന് ചോദിക്കുമ്പോ ഉക്തം ഓമിത്യാണ് ഗുരോതി അന്യൻ പറയുന്നു ഓം എന്നുവെച്ചാൽക്കോട്ടെ ആകട്ടെ എന്ന് പറയുന്നു അപ്പോ എന്ന് പറയുന്നതാണ് അനുജ്ഞ അങ്ങനെ ആകാം എന്ന് പറയുന്നു ലോകത്തിൽ ഓം സർവത്ര അനുജ്ഞാരൂപത്തിൽ പ്രയോഗിക്കുന്നു അപ്പോഴും പ്രയോഗിക്കേണ്ടതാണല്ലോ ലോകത്തിലും ഓമിന് പ്രാധാന്യമുണ്ട് അത ഓങ്കാരും അനുകൃതി ഭസ്മവാ ഇതി പ്രസിദ്ധാർത്ഥ അത് പ്രസിദ്ധമാണ് ഓങ്കാരത്തിന്റെ പ്രയോഗം ലോകത്തിൽ അതാണ് ഓമിതി ഇതും സർവം ഓമിത്യത അനുകൃതിർ സ്മ വസിദ്ധമാണെന്ന് കാണിക്കാൻ വേണ്ടി അത് പറഞ്ഞിരിക്കുന്നു പ്രസിദ്ധം ഹി ഓങ്കാരസി അനുകൃതിത്വം ലോക പ്രസിദ്ധമാണ് അത് ലോകത്തിനത് ഉപയോഗിക്കുന്നതുണ്ട് പ്രേക്ഷപൂർ പ്രതിശ്രാവയന്തി ദർശപൂർണ മാസ യാഗത്തിൽ ഓ ശ്രാവയ ഓം ശ്രാവയ ആ ശ്രാവയ എന്നിങ്ങനെ പ്രയോഗിക്കുന്നുള്ളൂ അവിടെ ഓ ശ്രാവയ ഓം ശ്രാവയ എന്ന് കർമ്മത്തിന്റെ സന്ദർഭത്തിൽ ഈ മന്ത്രത്തെ ഉപയോഗിക്കുന്നു അത് കർമ്മത്തിനെങ്ങനെ ഓം എന്നുള്ളത് പ്രയോഗിക്കുന്നു എന്ന് പറയുകയാണ് അതാണ് അപിച്ച ഓ അപി ഓ ശ്രാവയ ശ്രാവയന്തി അപി ഓ ശ്രാവയ വൈദികമായൊരു ഉദാഹരണത്തിൽ പറയുന്നു വേദാധ്യയനം ചെയ്യുന്നവരോട് വൈദികമായ ഉദാഹരണം പറഞ്ഞാൽ അവർക്ക് എളുപ്പം പിടിക്കിട്ടു നിരന്തരം അവർ അധ്യയനം ചെയ്യുന്ന ദർശപൂർണ്ണ മാസയാഗത്തിൽ പ്രയോഗിക്കുന്നവടെ പറയുന്നുള്ളത് യജുർവേദ നിർദിഷ്ടമായ കർമ്മം അനുഷ്ഠിക്കുമ്പോൾ അവിടെ അധ്യയവും ഇത് പ്രയോഗിക്കുന്ന റിക്രീക്ഷ മന്ത്രം എന്ന് പറയുന്നുണ്ട് അത് ഉപയോഗിക്കുമ്പോൾ അവിടെയോ ഓം ശ്രാവയ എന്നിങ്ങനെ ഉപയോഗിക്കുന്നു അതതിന്റെ പ്രസിദ്ധിയെ കാണിക്കുന്നു തഥാ ഓമിതി സാമാനി ഗായന്തി സാമഗാഹ അതുപോലെ സമദാനം ചെയ്യുന്നവർ ഓം എന്ന് സാമമന്ത്രങ്ങളിൽ ഉപയോഗിക്കുന്നു അത് മറ്റൊരുദാഹരണം ഇത് യജുർവേദത്തിലെ ഉദാഹരണമാണ് ആദ്യം പറഞ്ഞു അടുത്ത് ഓമിതി ശസ്ത്രാണി ശംസന്ധി ശസ്ത്രശംസിതാരോപി ശസ്ത്രാണി ശ്രമെന്ന് പറയുന്നത് മന്ത്രങ്ങളാണ് ശസ്ത്രാണി ഗീതിരഹിത ഗീതിരഹിതമായ ഇറുക്കുകള ശസ്ത്രങ്ങളെന്ന് പറയുന്നു അതും എന്താണ് ഋത്തിക് ശസ്ത്രംസിതാ പറഞ്ഞാൽ ഋത്തിക് ആ ശസ്ത്രങ്ങളെ ഉച്ചരിക്കുമ്പോൾ അവിടെയും ഓം എന്നുച്ഛരിക്കുന്നു തഥാ ഓമിതി അദ്ധരുഹു പ്രതികരം പ്രതികരണാദി മന്ത്രം താഴെ കൊടുത്തിരിക്കുന്നു ഓ ധാമോ ദൈവേദി അദ്ധരു ഈ മന്ത്രത്തെ ഓം എന്നുപയോഗിക്കുന്നു ലദ്ധരി ഉപയോഗിക്കുന്നു പ്രതി ഗിരോധിച്ച കേട്ടിട്ട് വീണ്ടും ഉച്ചരിക്കുന്നു അങ്ങനെ പ്രതി എന്ന് പറയുന്നു പ്രഥിചാര്യത ഒരുത്തിരിക്കുമ്പോ അവിടെ അദ്ധരിയും അതിനെ ഏറ്റു ചെല്ലുന്നു ആ മന്ത്രത്തെ പ്രതികരം എന്ന് പറയുന്നു അത് ഒരദ്ധരി ചെല്ലുമ്പോൾ മറ്റൊരാൾ ചെല്ലുന്നുണ്ട് അതുകൊണ്ട് പ്രതികരം എന്നതിന് പേര് വന്നു ആ മന്ത്രത്തിലും ഓം എന്ന് ഉച്ചരിക്കുന്നു ഇതിൻ്റെ വേദത്തിൽ നിന്ന് ഉദാഹരണങ്ങൾ എത്തു പറയുന്നു എന്റെ പ്രാധാന്യത്താണിക്ക് ഓമിതി ബ്രഹ്മ ബ്രഹ്മ എന്ന് പറയുന്നത് മറ്റൊരു വൃത്തിക്കാണ് പ്രസൂതി അനുജാനാതി പ്രേക്ഷപൂർവകം ബ്രഹ്മ എന്ന് പറയുന്ന വൃത്തി അതും ഇതിനെ ഉച്ചരിക്കുന്നു സംബോധന ചെയ്തു പ്രസൗതി അനുജാനാദി പ്രേക്ഷപൂർവം ആശ്രാവേദി ഉച്ചരിക്കുന്നു ഓമിത്തി അഗ്നിഹോത്രം അനുജാനാദി അഗ്നിഹോത്രത്തിനും ഓമെന്ന് ഉച്ചരിക്കുന്നു അവിടെ അത് ഉപയോഗിക്കുന്നു ജുഹോമിത്തി അനുജ്ഞ കൊടുക്കുന്നു ആകട്ടെ ഓം അങ്ങനെ അവിടെ ഉപയോഗിക്കുന്നു അനുജ്ഞ എന്ന് പറയുന്ന യജമാനന്റെ അനുജ്ഞർക്ക് ഭവനത്തിനുള്ള അഗ്നിഹോത്രത്തിൽ ബ്രാഹ്മണൻ അധ്യയനം ചെയ്യിക്കുന്നു അധ്യക്ഷ്യമാണ് ഓമിത്യവ ആ ഓം എന്ന് പറഞ്ഞു തുടങ്ങുന്നു അധ്യയനത്തിന് വേണ്ടി ആദ്യം ഓമെന്ന് പറഞ്ഞ് തുടങ്ങുന്നു ഓമെന്നുച്ചരിച്ചിട്ട് അധ്യയനം ചെയ്യുന്നു അധ്യാപനവും അങ്ങനെ ചെയ്യുന്നു ഓം ഇതി പ്രതിബദ്ധ്യത അധ്യയനം ഓമെന്ന് ഉച്ചരിച്ചിട്ട് അധ്യയനം ആരംഭിക്കുന്നു െന്ന ഓമിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പറയും ഓമനി ഗോദി ശസ്ത്രീമൂർ ഓമിതി അഗ്നിഹോത്രമുജി ജുഹോമിതി ഓമിതി ബ്രാഹ്മണ പ്രവക്ഷിക്ക് വേദ വേദം ഉപാപ്നവാനീതി പ്രാപ്നിയാം ഗ്രഹീഷ്യമീതി വേദത്തെ പ്രാപിക്കട്ടെ വേദ അധ്യയനം ചെയ്യുന്നവൻ ഓമെന്നു ചൊല്ലി അധ്യയനം ചെയ്യുന്നു എന്തിനു വേണ്ടി വേദത്തെ പ്രാപിക്കട്ടെ എന്ന താൽപ്പര്യത്തോടുകൂടി ഉപാപ്നോം എന്നു വേദത്തെ ചൊല്ലുന്നതുകൊണ്ട് അവൻ ബ്രഹ്മത്തെ പ്രാപിക്കുന്നു വേദത്തെ അവന് ശരിയായി അധ്യയനം ചെയ്യാൻ കഴിയുന്നു അഥവാ ബ്രഹ്മപരമാത്മാപ്ന വാനീ ആത്മാനം പ്രപക്ഷ്യം പ്രാപയഷ്യൻ ഓമിത്യവ ആഹ ഇനി ബ്രഹ്മത്തെ പ്രാപിക്കേണ്ടവൻ പരമാത്മാവിനെ പ്രാപിക്കേണ്ടവനും അതിനെ പ്രാപിക്കട്ടെ എന്ന് ആത്മാവിനെ സൂചിപ്പിക്കുന്ന ആ ഓം എന്നുള്ള ശബ്ദത്തെ ഉച്ച ഉച്ച അപ്പം വേദത്തെ അധ്യയനം ചെയ്യാനിരിക്കുന്നവനും ബ്രഹ്മത്തെ പ്രാപിക്കാൻ ഇച്ഛിക്കുന്നവനും ഓമെന്ന് ഉച്ചരിക്കുന്നു ഉച്ചരിച്ചുകൊണ്ട് അധ്യയനം ചെയ്യുന്നു അല്ലെങ്കിൽ ഉപാസന ചെയ്യുന്നു സേന ഓങ്കാരേണ ബ്രഹ്മപ്രാപ്ന ആ ഓങ്കാരം ഇത്രയും വേദത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഓങ്കാരം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വൈദികമായ ഉദാഹരണങ്ങൾ പറഞ്ഞത് വേദാധ്യനം ചെയ്യുന്നവർ വേദ നിർദ്ദിഷ്ടമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവർക്ക് ഇത് പറയുമ്പോൾ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കും ഏതെല്ലാം കർമ്മങ്ങളിലാണ് ദർശപൂർണ്ണമാസയാകും അവിടെ അഗ്നിഭോത്തിലും തുടങ്ങിയ കർമ്മങ്ങളിൽ ബ്രഹ്മ ഭോത്ത തുടങ്ങിയ അധ്യു തുടങ്ങിയ വൃത്തിക്കുകൾ അവരെല്ലാവരും നിരന്തരം ഉപയോഗിക്കുന്ന ഒന്നാണ് ഓം അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞു അങ്ങനെയുള്ള ഓം ആ ഓങ്കാരത്തിന്റെ ഉപാസനയിലൂടെ ബ്രഹ്മപ്രാപ്നം ചെയ്യുക എന്തിനും വേദം പ്രമാണമായിരിക്കും ഓങ്കാരത്തിന് അത്രയൊരു പ്രാധാന്യം കൊടുക്കണമെങ്കിൽ വേദത്തിൽ ഓങ്കാരത്തിന്റെ സ്ഥാനം എന്താണ് അതിനുവേണ്ടിയിട്ടാണ് ഇത്രയും വിശദീകരിച്ച് പറഞ്ഞത് സർവത്ര വേദത്തിൽ ഓങ്കാരത്തെ നിർദ്ദേശിക്കുന്നത് കൊണ്ട് ആ ഓങ്കാരമാകുന്ന ശബ്ദത്തിന്റെ ഉപാസനയിലൂടെ ഉപാസനം ബ്രഹ്മത്തെ പ്രാപിക്കുന്നു ഓങ്കാരപൂർവം പ്രവൃത്താനം ക്രിയാണം ഫലവത്വം തസ്മാരം ഓങ്കാരപൂർവം പ്രവൃത്താനം ക്രിയാണാം ഫലവത്വം ഓങ്കാരപൂർവമായി ചെയ്ത എല്ലാ കർമ്മങ്ങൾക്കും ഫലമുണ്ട് അത് ഫലവത്താവും എന്തുകൊണ്ട് ഓങ്കാരം ആ പരബ്രഹ്മം തന്നെ പരമേശ്വരൻ തന്നെ കർമ്മത്തിന് ഫലം കൊടുക്കുന്നത് പരമേശ്വരൻ എന്നാണ് അതുകൊണ്ട് ഓങ്കാരപൂർവകമായി കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിനാണ് കർമ്മത്തിൻ്റെ ഉദാഹരണങ്ങൾ കൊടുത്തത് അതിന് ഫലം കാണുന്നു അതുകൊണ്ട് യസ്മാസ്മാ ഓങ്കാര ബ്രഹ്മേക്ക് പാസിക്കുക ആ ഓങ്കാരത്തെ ബ്രഹ്മം ഒന്ന് പാസിക്കുക അതും ഹിരണ്യഗർഭപ്രാപ്തിക്കുള്ള ഒരുപാസനയാണ് ത്തിന്റെ വിചാരം പരബ്രഹ്മപ്രാപ്തിക്കും ഓങ്കാരത്തിന്റെ ഉപാസന അപരബ്രഹ്മപ്രാപ്തിക്കും രണ്ടിനും ഓങ്കാരം ഉപയുക്തമാണ് അതുകൊണ്ട് ചുരുക്കത്തിൽ ഓങ്കാരം ബ്രഹ്മേറ്റ് പാസ് ചെയ്തതാണ് ഈ പറയുന്ന ശ്രുതിയുടെ താത്പര്യം ഓമതി ബ്രഹ്മ ഓമീദം ഓമേതനു കസ്മവാ അപ്യോശ്രാവശ്രാവയ ഓമീതി സാമാനി ഗായീ ംമിതി ശ്രാ ശീമം ഓമിതി ബ്രഹ്മ പ്രസൗതി ഓമോത്രമനുജതി ഓമിതി ബ്രാഹ്മണ പ്രവക്ഷിന് ബ്രഹ്മോപാ ോതി